വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുസുബഹാനഹൂവ ചായാലായാലും അവൻറെ ദൂതനിലും അവൻറെ ദൂതന് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും അതിനു മുമ്പ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും വിശ്വസിക്കുവിൻ അള്ളാഹുസുബഹാനഹൂവ ടായാലും അവൻറെ മലക്കുകളിലും അവൻറെ ഗ്രന്ഥങ്ങളിലും അവൻറെ ദൂതന്മാരിലും അന്ത്യദിനത്തിലും ആരെങ്കിലും അവിശ്വസിച്ചാൽ അവൻ തീർച്ചയായും വലിയ വഴിപിഴച്ചവനായിരിക്കുന്നു